മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പൻമാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പിലോത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്കു വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പൻമാരുടെയും അടുക്കൾ മടക്കിക്കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചുകൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്കണ്ട് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെത്ത് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇത് രക്തവിലയാകിയ ശ്രീഭണ്ണാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞുകൂടിയാലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്നു പേർ പറയുന്നു ഇസ്രയേൽ മക്കൾ വിലമതിച്ചതിന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് അരൽ ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരൽ ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു എന്നാൽ യേശു നാടുവാഴിയുടെ മുൻഭാഗം നിന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പൻമാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവനൊരു വാക്കിന് ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരെ വീക്ഷിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു അന്ന് ബറബാസ് എന്ന് ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അവർ അസൂയോണ്ടാകുന്നു അവനെ അവൻ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സവിച്ചു എന്ന് പറയിച്ചു എന്നാൽ ബർബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പാനും ആ പുരോഹിതന്മാരും മൂപ്പൻമാരും സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോടെ എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നു എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷവെന്തെന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്നു അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലോത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊഴ്വീൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനവൊക്കെ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ചു ഘൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു അനന്തരം നാടുവായുടെ പടയാളികൾ യേശുവിനെ ആ കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരിച്ചു അവന്റെ വസ്ത്രം ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു വലങ്കിൽ ഒരു കോലം കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യുവതന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു പിന്നെ അവന്റെ മേൽ തൂപ്പി കോലെടുത്തു അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തവശം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷീമോൻ എന്നുപേരുള്ള കുറനക്കാരനെ കണ്ടു അവന്റെ ക്രൂശ്ചുവൻ നിർബന്ധിച്ചു തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ്പുകലയ്ക്ക് കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ചു നോക്കി ആരെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശത്തറച്ച ശേഷം അവർ ചീട്ടിട്ടു അവന്റെ വസ്ത്രം പകത്തെടുത്തു അവിടെ ഇരുന്ന് കൊണ്ട് അവനെ കാത്തു ഏകൂദന്മാരുടെ രാജാവായി യേശു എന്നു അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതേ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നുപോകുന്നവർ തലകുലുകി അവനെ ദൂഷിച്ചു മന്ത്രം പൊളിച്ചു മൂന്നുനാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പൻമാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ രക്ഷിപ്പാൻ കഴിയയില്ല അവൻ ഇസ്രേലിന് രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രനെന്നും അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടു കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്നിച്ചു ആറാം നേരം മുതൽ ഒൻപതാം നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം നേരത്ത് യേശു ഏളി ഏലി ലമ്മാശാനിയെന്ന് ഉറക്കത്തിൽ വിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് എന്നാർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ടു അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുച്ചൻ ഓടി ഒരു സ്പോൺ എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്കാം ഏലിയാവു അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ ദൃശീല മേൽത്തോട്ട് അടിയോളം രണ്ടായി ചീണ്ടിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു ഗലീരയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചുവന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവർ മഗ്ദലക്കാരി മറിയേയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയേയും സബതി അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമിതിക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വന്നു പീലാത്തോസിന്റെ അടുക്കൾ ചെന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചുകൊടുപ്പാൻ കൽപ്പിച്ചു യോസഫ് ശരീരമെടുത്തു നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു കല്ലറയുടെ വാതകളിൽ ഒരു വലിയ കല്ലുരുട്ടിവച്ചിട്ടു പോയി കല്ലറയ്ക്ക് ഏതിരെ മറ്റല്ല കായ് മറിയെയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനെ ആ ചര്യം ജീവനോടിരിക്കുമ്പോൾ മൂന്നുനാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് ജനത്തോട് പറയുകയും ഒടുവിലിത്തെ ചതി മുമ്പലത്തേതിനും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുകയും എന്ന് പറഞ്ഞു അവർ കല്ലിന് മൂദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി